പ്രദക്ഷിണ വഴി പെരുമ്പടവും ശ്രീധരൻ എഴുതിയ നാടകം അഭിനേതാക്കൾ ഭാഗ്യലക്ഷ്മി കനകലത അനന്തപുരം രവി പരമേശ്വരൻ കുര്യാത്തി പി ഗംഗാധരൻ നായർ ചോറ്റാനിക്കര ബേബി എ ആർ ആനേറ ആറന്മുള രാമചന്ദ്രൻ ജോർജ് ഗുട്ടി തോമസ് സംഗീതം മുരളി സിതാര സാങ്കേതിക സഹായം കെ കെ വിശ്വനാഥൻ സംവിധാന പ്രദക്ഷിണ വഴി ന്യൂഡൽഹിയിൽ നിന്നും വരുന്ന രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറാം നമ്പർ കേരള എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നുചേരുന്നതാണ് ഹലോ നന്ദൻ ഹലോ വിശ്വദൻ ആ യാത്രയൊക്കെ സുഖമായിരുന്നോ പിന്നെ പരമസുഖം ആ ഇതൊക്കെയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വിശ്വനാഥനെ പ്രതീക്ഷിച്ചതേയില്ല ഈ സ്നേഹത്തിന് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ എന്നുവെച്ചാൽ നന്ദനെ പോലെ ഒരാൾ വരുമ്പോ ഞാൻ വന്ന് കാത്തു നിൽക്കണ്ടേ നന്ദന്റെ കത്ത് കിട്ടിയപ്പോൾ തൊട്ട് അശ്വതിക്ക് പിന്നെ അത് തന്നെയാണ് വരുന്നു നന്ദി വരുന്നു പറഞ്ഞു ജീവിതത്തിൽ ഇനി ഇങ്ങോട്ട് വരണമെന്നേ ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരിക്കൽ ഞാൻ ഈ നഗരം ഉപേക്ഷിച്ചു പോയതാണ് ഞാൻ വിലപ്പെട്ടതായി കരുതിയിരുന്നതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം കാണിക്കാതെ പക്ഷെ എനിക്കതിന്റെ പകയൊന്നുമില്ല ആരോടും ഇപ്പോൾ അടക്ക ഒരു മുജന്മ സ്മൃതി പോലെ അപ്പുറത്ത് ആ തണൽവരത്തിന്റെ ചൂണ്ടിലാണ് ഞാൻ കാറിട്ടിരിക്കുന്നത് ഇതു ഞാൻ പണ്ട് കണ്ട നഗരമല്ല വളരെ മാറിപ്പോയിരിക്കുന്നു പക്ഷേ നന്ദനി യാതൊരു മാറ്റവും വന്നിട്ടില്ല എട്ടൊൻപത് വർഷത്തിന് ശേഷം കാണുന്നത് ആ പെട്ടി എവിടെ വെക്കുന്നേ ഡിക്കിയിലോ അതോ എന്റെ പെട്ടിക്ക് വലിയ ഭാരമൊന്നുമില്ല അതിവിടെ ഇരുന്നോട്ടെ എന്റെ നോട്ടത്തിൽ നന്ദി യാതൊരു മാറ്റവും ഇല്ല പണ്ടത്തെ പോലെ സുമുഖൻ ഇപ്പോൾ നാൽപ്പത്തിമൂന്നാം വയസ്സിലും ഒരാൾ യുവാവും സുന്ദരനുമാണെന്ന് കേൾക്കുന്നത് ഒരു സുഖമുള്ള കാര്യമാണ് നന്ദി നിങ്ങൾ കൊട്ടാരത്തിലാണോ വീടെന്ന് പറയുന്നത് എന്റെ മനസ്സിലുള്ളത് പുഴവക്കത്തെ ആ പഴയ വീടാണ് പുഴവക്കത്തെ ആ പഴയ വീടിന്റെ ഓർമ്മയും ചുമന്നോണ്ടായിരിക്കും നന്ദേട്ടൻ ഇക്കാലം ജീവിച്ചത് അശ്വതി നന്ദൻ വരുന്നൊട്ടെ അശ്വതിക്ക് നോക്കി പിന്നെ ഓരോ ദിവസം വെട്ടിക്കളഞ്ഞ് നന്ദേട്ടം വിശ്വസിക്കല്ലേ ഇതൊക്കെ എന്നെ പരിഹസിക്കാൻ പറയുന്നതാ ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ അന്യോന്യം കളിയാക്കുകയും തമാശ പറയുകയും ചെയ്യുന്നത് പറയുക സ്നേഹത്തിന്റെ പ്രച്ച വേഷം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വിശ്വേട്ടൻ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കാണുമ്പോ നന്ദേട്ടനെ തിരിച്ചറിയുമോന്ന് ും ഒന്ന് ഫ്രഷ് യാത്ര ജീവിതമാക്കിയവൻ എന്ത് ക്ഷീണം എന്നാലും പുഴയിലൊന്ന് മുങ്ങി കുളിക്കണമെന്നായിരുന്നു ആഗ്രഹം നന്ദായിട്ട് കാപ്പി വേണ്ടേ ഞാൻ ഇതാ വന്നു ആ നന്ദൻ ഒരു വീടിന്റെ കാര്യം എഴുതിയിരുന്നില്ലേ ഇതുവരെ ഒന്നും ശരിയായില്ല എന്നു വച്ചാൽ നന്ദന്റെ സ്ഥിതിക്ക് ചേർന്ന ഒരു വീട് വേണ്ടേ പിന്നൊരു കാര്യമുണ്ട് നന്ദൻ നഗരത്തിൽ ഒരു നല്ല വീട് വാടക കിട്ടുക അത്ര എളുപ്പമല്ല പിന്നെ എവിടെ താമസിക്കും നന്ദൻ തെറുതി വയ്ക്കാതെ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ശരിയാവും നന്ദൻ ഞങ്ങളുടെ കൂടെ കമ്പനി ഉദ്യോഗസ്ഥൻ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കൂടെ രണ്ടു ദിവസം അതിഥിയായി കഴിയുന്നത് അത്ര വലിയൊരു കുറ്റാവോ എനിക്കൊരാഗ്രഹമുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞങ്ങളും മറ്റുള്ളവര് അല്ലേ അശ്വതി കേൾക്കണ്ട ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല അന്യഥാത്വം തോന്നിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ കൊണ്ടൊരു വിദ്യ നന്ദൻ വന്നത് ഞങ്ങളെ കാണാനുള്ള കൊതി കൊണ്ടല്ലോ ആണോ കമ്പനി അതുകൊണ്ടല്ലേ ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒന്നും അല്ല ഇഷ്ടമുള്ളടത്തേക്ക് പോകാമായിരുന്നു എനിക്ക് പണ്ട് കുടിച്ചത് മുഴുവൻ കയ്പല്ലേ അതുകൊണ്ട് നാവിന്റെ മുള്ളും മുനൊക്കെ എപ്പോഴും ഉണ്ട് എന്റെ അശ്വതി നീ തന്നെ പറയാറില്ലേ നന്ദൻ കവിയാണെന്ന് കവികൾ അങ്ങനെ അർത്ഥം വെച്ച് പറയും വിശ്വനാഥൻ കേക്ക് പണ്ട് ഞാനൊരു കവിയായിരുന്നു ഇപ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്താ നിങ്ങളുടെ പേര് എന്നിട്ട് സംസാരിക്കാം സാർ ഭാസ്കർ പിള്ളറിയാമല്ലോ ഞാനിവിടെ റീജിയണൽ മാനേജറായി വന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് അറിയാം നമ്മുടെ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തീരെ തൃപ്തിയില്ല അറിയാം സാർ മുമ്പിരുന്ന റീജിയണൽ മാനേജറുടെ കാലത്ത് എല്ലാം കുഴപ്പത്തിലായി അതൊക്കെ മറ്റുള്ളവരിൽ നിന്നും കേട്ടു കഴിഞ്ഞു ഇനി ഭാസ്കര പിള്ള അത് ആവർത്തിക്കണമെന്നില്ല നമ്മൾ എല്ലാവരും കൂടി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ ഓഫീസിന്റെ സൽപ്പേര് വീണ്ടെടുക്കാൻ കഴിയും ഭാസ്കർപിള്ള സംശയമുണ്ടോ ശ്രമിച്ചാ നടക്കും സാറേ പക്ഷേ ഇവിടെ അവന്മാരുണ്ട് അവരെ സാർ വിശ്വസിക്കരുത് അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ പ്രധാന ഉഴപ്പക്കാരൻ ഭാസ്കരപിള്ള ആണെന്നാണ് പറഞ്ഞത് ഭാസ്കർ പിള്ള എന്തിനാ ചൂടാവുന്നത് എനിക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല ആറേഴ് ദിവസം കൊണ്ട് ഒരുവിധം എനിക്കെല്ലാം മനസിലായി എല്ലാവരും കുഴപ്പക്കാരാണ് ജോലി ചെയ്യാതെ വെറുതെ ശമ്പളം മേടിച്ച് അങ്ങനെയൊക്കെ അല്ലേ ഇനി അത് പറ്റില്ല ഞാൻ എന്തു വേണമെന്ന് സാറ് പറഞ്ഞാ മതി നമുക്ക് ശമ്പളം തരുന്ന കമ്പനിയോട് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അത് ഓർത്താ മതി ആരും ആരെയും ഭരിക്കണ്ട അതിനായിട്ടാ ഞാനിവിടെ ഭാസ്കര ഉള്ളക്ക് മനസ്സിലായോ ഊ എന്നാ പയ്ക്കോ യെസ് സാർ ഭാസ്കര ഉള്ള പോകുമ്പോ ആ ഹെഡ് ക്ലാർക്കിനോടൊന്ന് വരാൻ പറയൂ പറയാം സാർ ഹലോ യേസ് നന്ദൻ ഹിയർ ഹലോ വിശ്വനാഥൻ ഏ ഇല്ല വിശ്വനാഥൻ ഞാൻ ക്ലബിലേക്കൊന്നും വരുന്നില്ല ഏ താങ്ക് നമുക്ക് വീട്ടിൽ കാണാം ും മടങ്ങി വരാൻ അതൊന്നും ഓർക്കാതിരിക്കാണ് നല്ലത് ഞാൻ ഇതിന്റെ വിധിയായി സ്വീകരിച്ചു കഴിഞ്ഞു എന്നാൽ നന്ദേട്ടനോ ഞാൻ എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നേ അശ്വതി തന്നെ ചോദിക്കണം അതെന്നോട് ഉപദേശിക്കാനുള്ള അർഹതയൊന്നുമില്ല എനിക്ക് നന്ദേട്ടൻ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് നിർത്തിക്കളഞ്ഞത് ഓരോ വാക്കിലും അശ്വതി എന്താണ് കണ്ടത് എന്റെ ഹൃദയത്തിന്റെ പൊട്ടലുകൾ നന്ദേട്ടൻ ഒന്നും ഓർമ്മിപ്പിക്കണ്ട അല്ലാതെ തന്നെ ഞാൻ അനുഭവിക്കുന്നുണ്ട് വീണ്ടുവോളാം എവിടെയാണ് വായിച്ചത് ജീവിതത്തിൽ കുറെ അങ്ങ് ചെല്ലുമ്പോൾ അനുഗ്രഹങ്ങൾ ഏതെന്നും ശാപങ്ങൾ ഏതെന്നും തിരിച്ചറിയാൻ കഴിയാതെ വരുമെന്ന് വായിച്ചിട്ടില്ല എന്നെ കുറിച്ച് നന്ദേട്ട് മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്കറിയില്ല വർഷങ്ങൾക്ക് ശേഷം നന്ദേട്ടൻ മടങ്ങി വരുന്നെന്ന് കേട്ടപ്പോൾ ആദ്യം ഞാൻ സന്തോഷിച്ചു എനിക്ക് വേറുപാടിനേക്കാൾ ദുസ്സഖമാണ് വീണ്ടുമുള്ള കണ്ടുമുട്ടൽ എനിക്ക് സന്തോഷമുണ്ട് അശ്വതിയുടെ ഭാഗ്യം കാണുമ്പോൾ പൊന്നുകൊണ്ടുള്ള കൊട്ടാരം തടവറയായി തീരുന്നതിനെ കുറിച്ച് എത്ര പേർക്ക് മനസ്സിലാവും ഞാൻ സ്വപ്നം കണ്ടത് ഇതല്ല നിനക്ക് പണ്ടേ ഒരു ദോഷമുണ്ട് ഇല്ലാത്ത ദുഃഖങ്ങളൊക്കെ സങ്കല്പിച്ചുണ്ടാക്കും ഹലോ നന്ദൻ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ക്ഷമിക്കോടെ കൂടെ ചേർന്നോ എത്ര നേരം വെച്ചാ കാത്തിരിക്കുന്നേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ പരമേശ്വരൻ നായർ ഉപദേശിക്കുകയും ചെയ്തു ചൂടോടെ ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അതഅരം കണ്ടാൽ തന്നെ അറിയില്ലേ കൊറേ നേരം ക്ലബിൽ ചെന്നിരിക്കും ഈ ബിസിനസിന്റെ നന്ദൻ ഉറക്കം നമുക്ക് എനിക്ക് ഓർമ്മയില്ലെന്നാണോ ഇന്നലെ ഞാൻ തന്നെ രണ്ട് വീട് പോയി കണ്ടു ഒന്ന് തീരെ ചെറുത് ആറ് പഴഞ്ചനും മറ്റൊന്ന് വീട് കൊള്ളാം അവിടെ വെള്ളം കിട്ടില്ല പരിസരവും മോശം വീണ്ടും ദൂതന്മാരെ വിട്ടിരിക്കുന്നു വീടന്വേഷിച്ച് ആ അശ്വതി എനിക്ക് കുറച്ച് ഐസ് ഒന്നും കഴിക്കുന്നില്ലേ വേണ്ട ഇനി നിങ്ങൾ വീട് അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ പുഴപൊക്കത്തെ ആ പഴയ വീട് എനിക്ക് വാടകയ്ക്ക് തരാമോ അതൊരു എനിക്കിഷ്ടമാണെങ്കിലോ ഞാൻ കൃത്യമായി വാടക തരും ഒഴിഞ്ഞു തരണമെന്ന് പറയുമ്പോ ആ നിമിഷം വീട് കൂട്ടി താക്കോൽ തിരിയെത്തരും ഞങ്ങൾക്ക് സന്തോഷം പക്ഷെ ഒരു കാര്യം അത് പറ്റില്ല വാടകയ്ക്കാണെങ്കിൽ മതി എനിക്ക് അതിന് വില പറയാവുന്ന തരത്തിൽ ഞാൻ പണക്കാരനായിട്ടില്ല എങ്കിലും പെട്ടെന്ന് തോന്നിയ ഒരു ആശയം കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ അത് വിൽക്കുന്നുണ്ടോ ഞാൻ വാങ്ങിച്ചോളാം അത് ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്നുവല്ലേ വാശിയോ ആരോട് ഞാൻ അതൊന്നും ഓർത്തല്ല നിങ്ങൾ ആരും അശ്വതിയുടെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ എനിക്കും തോന്നുന്നു അമ്മാവന്റെ അളവ് ശരിയായിരുന്നെന്ന് ചുരുങ്ങിയ പക്ഷം എന്റെ കാര്യത്തിലെങ്കിലും ഇല്ല അച്ഛന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി അച്ഛൻ ജീവിച്ചത് അച്ഛന്റെ മാത്രം ഒരു ലോകത്താണ് എനിക്കുറക്കം വരുന്നുണ്ട് ഞാൻ പോയി കിടക്കട്ടെ പുഴവക്കത്തെ പഴയ വീട് നന്ദിന് വാടക കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത് അശ്വതിക്ക് ഇഷ്ടമാവെന്ന് ഓർത്താണ് അപ്പോഴേക്ക് നീ നിന്റെ ദുർമുഖം കാണിച്ചു എന്തായിരിക്കും തോന്നിട്ടുണ്ടാവുക അത്ര തളിരൊന്നുമല്ല നന്ദേട്ട് വാടിപ്പോകാൻ ഞാനൊന്നും ഓർത്ത് പറഞ്ഞതല്ല എനിക്ക് നീ വഴിയുള്ള ബന്ധമേ ഉള്ളൂ നന്ദനോട് നിന്റെ അമ്മാവന്റെ മകൻ എനിക്കെന്താ നീ അന്ന് ആലോചിച്ചു നോക്ക് നിന്റെ ഈ മൂടിക്കെട്ടിയ പ്രകൃതം കണ്ടാൽ അയാൾക്ക് എന്തു തോന്നും എന്നെ ഇപ്പൊ ആദ്യമായിട്ടല്ലോ നന്ദേട്ടൻ കാണുന്നത് അല്ലെങ്കിലും നീ ഇങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടിയെന്ന വിചാരം ഇത്ര ആകില്ല ആർക്കും ഈ അർദ്ധരാത്രിക്ക് തന്നെ കോടതി കൂടണോ പ്രതി നാളെ ഇവിടെ തന്നെ ഉണ്ട് ആരാ സാർ ഞാനാ ഭാസ്കര പിള്ള വന്നത് നന്നായി ആരാ ഒരു സഹായത്തിനൊന്ന് ഓർത്തിരിക്കുന്നു ഞാൻ പുഴപൊക്കത്തെ പഴയ വീടുന്നു കേട്ടപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കുറഞ്ഞത് ഏഴ് നൂറ്റാണ്ടിന്റെ പഴക്കം കാണു ഇതിന് ഇവിടെ എങ്ങനെയാ മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യർക്ക് പാർക്കാൻ വേണ്ടി വീടാണിത് കൊറച്ച് പഴകി പോയെന്നോർത്ത് അക ഒക്കെ തൂത്ത് വൃത്തിയാക്കിയപ്പോ സംഭവം സ്റ്റൈലായി ആ ഞാനൊരാളിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ വീട്ടുജോലിക്ക് ഞാൻ അയാളെ കൊണ്ടുവന്നിട്ടുണ്ട് ആരാ ഒരു കുട്ടനായര് ആളൊരു പരുക്കനാണെന്ന് തോന്നുന്നെങ്കിലും പാഹാണ് മുമ്പ് വട്ടാളത്തിലായിരുന്നു വിളിക്കേ കഥാപൃഷനൊന്ന് കാണട്ടെ കുട്ടർനായര് ഇതാണ് നന്ദൻ സാറ് മര്യാദക്ക് നിന്നാൽ തനിക്ക് പോകും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പുഴയും വീടും എത്ര പേരുണ്ട് ഇവിടെ ഞാൻ ചോദിച്ചത് ഭാര്യയും മക്കളും ഒക്കെ എന്ന് വരുമെന്നാടൂരിടാ അത് നന്നായി കൊച്ചമ്മമാരുടെ ഭരണം എനിക്ക് പിടിക്കുകയല്ല അതല്ലേ ഞാൻ ആ നേതാവിന്റെ വീട്ടിൽ നിന്ന് രാജിവെക്കാൻ കാരണം ഭാസ്കരവിളേ പറഞ്ഞേക്കാ ആ ഞാൻ അടക്കിടക്ക് വരും ചായ ഉണ്ടാക്കാൻ അറിയാമോ പിന്നെ ചായ കാപ്പി മട്ടൺ ചിക്കൻ ബിരിയാണി ഇറച്ചിയും മീനും വെക്കാൻ എനിക്കൊരു പ്രത്യേക സാമർഥ്യമുണ്ടെന്നാണ് കേൾവി തൽക്കാലം ഒരു ചായ ഉണ്ടാക്ക നോക്കട്ടെ കിച്ചണിൽ ഗ്യാസ് ഉണ്ടോ ഇല്ല അടുപ്പിൽ തീ പൂട്ടിയുള്ള ഏർപ്പാട് പരിചയമില്ലേ എങ്കിലും കണ്ടിട്ട് ഇയാൾ ഞാനും കൂടി അധിക ദൂരം പോകുന്ന ലക്ഷണമില്ലല്ലോ അയാൾ നേരെ ആയിക്കോളൂ സാറേ ആദ്യത്തെ ഈ വേഷം കെട്ട് കണ്ട് സാറ് സംശയിക്കണ്ട കുട്ടൻ നായർ ഭരണം തുടങ്ങി ഞാൻ അപ്പൊ കുട്ടനായർ പറഞ്ഞു മുകളിലുണ്ടെന്ന് ഞാൻ അശ്വതി എനിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു അശ്വതിക്ക് ഏയ് ഒന്നുമില്ല ഒഴിഞ്ഞു മാറാൻ എന്തെങ്കിലും ഒരു കാരണം പറയണ്ടേട്ടും പോകാതെ അശ്വതി പുഴയുടെ തീരങ്ങളും പണ്ടത്തെ പോലെ തന്നെ അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല ഒന്നിനും ഒരു മാറ്റവും ഹൃദയത്തിലെ മുറിവുകളും പെടില്ലേ നന്ദേട്ടൻ ഒന്നും മറന്നിട്ടില്ല അശ്വതി വിഷമിക്കണ്ട ഞാൻ ഹൃദയം പൂട്ടിവെച്ചു നന്ദേട്ടൻ ജീവിതം വേണ്ടേ ഞാനുദ്ദേശിച്ചത് അതല്ല പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നതിന് വേറെന്തെങ്കിലും പേരാണ് നല്ലത് വിവാഹം കുടുംബം എനിക്കതൊന്നും അശ്വതിക്ക് ഓർമ്മയില്ലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയതല്ല എന്നെ ഇറക്കിവിട്ടതാണ് എന്റെ ജീവിതത്തിൽ നിന്ന് സ്വപ്നങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഒന്നുമില്ല മരിച്ച ആളിനോട് എന്തു പക ഇല്ല എനിക്ക് ആരോടും പകയില്ല ഒരാശയുണ്ടായിരുന്നു ബാക്കി നിന്നെ ഒന്ന് കാണണമെന്ന് മരിക്കുന്നതിന് മുമ്പ് സാർ ൊട്ടി പൊടിയടിഞ്ഞ് ഞാനതൊന്ന് നന്നാക്കിക്കാമെന്ന് വെച്ചു ഞാനത് ഉപേക്ഷിച്ചതായിരുന്നു ഒരു പഴയ ചിത്രം മനസ്സിലുണ്ട് ആത്മാവിൽ കവിതയും സംഗീതവും ഉള്ള ഒരു പെൺകുട്ടി പണ്ടിവിടെ ഇരുന്ന് വീണ വായിച്ചിരുന്നു ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഏതോ ഒരു കഥയിലെ ചില നിമിഷങ്ങൾ എന്ന് വിചാരിച്ചാമോ ഞാൻ പോട്ടെ കുഞ്ഞേ അത് ഏതോ പ്രാന്തൽ ദൈവത്തോട് ശോഭിക്കുന്നതാ എന്താൾക്കൂട്ടാന്ന് നോക്കിയ കളി കാണാൻ അത് ഭ്രാന്തനൊന്നുമല്ല പരമേശ്വരൻ നായരെ ഒരാർട്ടിസ്റ്റാണ് കുഞ്ഞുരാമൻ ആരൂരു വഴിയരികിലെ കൊച്ചു വീടിന് മുമ്പിൽ ഇരുന്ന് ആ മനുഷ്യൻ പടം വരയ്ക്കുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ ഭ്രാന്തി നോക്കി നിന്നിട്ടുണ്ട് ആ മനുഷ്യൻ വരയ്ക്കുന്നത് ദൈവം തൊട്ട വിരലുകളാണത് ക്യാൻവാസിൽ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല നിറങ്ങളുടെ ഒരു കലർപ്പ് പക്ഷേ അതല്ല ആകാശത്തിന്റെ മനസ്സ് അനന്തതയുടെ കണ്ണ് ഹേതു ഹൃദയത്തിന്റെ സങ്കടം ഒരു വെളിപാട് അങ്ങനെയൊക്കെ തോന്നി എനിക്ക് അതാർക്കും മനസ്സിലാവില്ല ഒരിക്കൽ കുഞ്ഞിരാമൻ എന്നോടും പിണങ്ങി സിലെ ചിത്രത്തിന്റെ അർത്ഥം ചോദിച്ചതിന് മനുഷ്യന് ഈ കഷ്ടപ്പാടൊക്കെ കൊടുത്തേച്ച് ദൈവം സ്വർഗത്തിലിരുന്ന് കളി കാണുകയാണല്ലേ ഒരു ദിവസം കുഞ്ഞുരാമൻ അവിടെ വരും എന്നിട്ട് ഞാൻ നമുക്ക് പോകാൻ കുഞ്ഞേ സാറിപ്പോ വന്നു കാണാം യാത്ര കഴിഞ്ഞു വരുമ്പോ ആരെയും കണ്ടില്ലെങ്കിൽ പിന്നെ അതും മതി നടന്നോളൂ ഹലോ അശ്വതി അല്ല ആരുത് പ്രമീളയോ എന്താ ഈ വഴിക്ക് അശ്വതിയെ കാണാനേ കിട്ടുന്നില്ല പിന്നെ അന്വേഷിച്ചു വരാതൊക്കുമോ നിങ്ങൾ എവിടെ യാത്ര പോയിരിക്കുന്നോ ഓ എന്ത് യാത്ര ബോംബെ വരെ അവിടെ അനുജത്തിയുണ്ട് അവളെ കാണാനെന്നും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു കോൾഡ് വാർ നമ്മുടെ കാണവൻ ഉണ്ടോ അനങ്ങുന്നു മീരാ ചെറിയാനാണ് പറഞ്ഞത് നിങ്ങൾ ടൂറിലാണെന്ന് ഒരാഴ്ച അവിടെ കടലിനെതിരായിട്ടാണ് അനിയത്തിയുടെ ഫ്ലാറ്റ് എനിക്ക് കടൽ കാണുന്ന ഇഷ്ടമാണ് അശ്വതിക്കോ ഓ എനിക്ക് അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ അശ്വതിയുടെ കാര്യം വലിയ കഷ്ടമാണ് എങ്ങും പോകാതെ ഈ വീട്ടിനകത്ത് ഹോ എനിക്കതാണിഷ്ടം ഇവിടെ ബാൽക്കണിയിൽ വെറുതെ അകലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആകാശം കാണാം ആകാശത്തിലെ മേഘങ്ങൾ കാണാം ീരളന്നും സന്ധ്യാകാശത്തിനു കീഴിലൂടെ ഒരുപറ്റം വെള്ളക്കൊക്കുകൾ പറന്നു പോകും അശ്വതിക്ക് എന്റെ മനസ്സിങ്ങനെയായിപ്പോയി അശ്വതി ഇപ്പൊ ക്ലബിൽ വരുന്നില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞ സെമിനാറിന് തന്നെ ഓ എനിക്ക് അതിലൊന്നും താല്പര്യം ഇല്ല എന്തുകൊണ്ട് ആദ്യമൊക്കെ പലതരം ഐഡിയാസ് കൊണ്ട് ഞങ്ങളെ ഒക്കെ ഇൻസ്പയർ ചെയ്യിച്ചത് അശ്വതിയല്ലേ അത് മറ്റൊരു കിറുക്ക് അങ്ങനെ വിചാരിച്ചാൽ മതി ഓണത്തിന് ഗംഭീരമായ ചില പരിപാടികളൊക്കെ ആലോചിച്ചിട്ടുണ്ട് അത്തപ്പുവിടൽ ഓണക്കളി പാവപ്പെട്ട നൂറ്റൊന്ന് കുട്ടികൾക്ക് ഓണക്കൂടി ആ പിന്നെ മീരാച്ചറിയാൻ ഏറ്റിട്ടുണ്ട് ചീഫ് ഗസ്റ്റായി ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവരാമെന്ന് ഇതൊക്കെ അശ്വതി ഇല്ലാതെ എങ്ങനെയാ ഞാൻ എങ്ങോട്ടുമില്ല പ്രമേള നിർബന്ധിക്കേണ്ട അശ്വതി എന്തായി പറയുന്നേ ചെവിയോർക്ക് പള്ളിമണി ഞാനിതെന്നും കേൾക്കുന്നതാ അതങ്ങനെ ആകാശത്തിന് കീഴേ അകലേക്ക് അകലേക്ക് മീരാ ചെറിയാനേയും കൂട്ടി വരാം പോട്ടെ ആരാ ഞാനാണ് നന്ദിന് എവിടുന്നാ ഓഫീസിന്നോ വീട്ടിന്നോ ഞാൻ ഓർത്തു ഇവിടെ ആരുമില്ലെന്ന് ാഥൻ ഇവിടെ ഉണ്ടാകും ഞാൻ വന്നത്മാശയൊക്കെ പറഞ്ഞു ഞാൻ ബാൽക്കണിയിൽ വെറുതെ ആകാശം നോക്കി നിൽക്കുകയായിരുന്നു ആകാശം കടൽ കാലം എനിക്ക് വേറൊന്നും ചെയ്യാനില്ല ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഇരുണ്ട സന്ധ്യക്ക് മഴക്കാർ മൂടിയ ആകാശത്തിന് കീഴിൽ ഒരു വഴി ഞാൻ അതിലെ നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല ആ വഴി അങ്ങനെ ഭൂമിയുടെ അറ്റം വരെ മലകൾക്കിടയിലൂടെ താഴ്വരകളിലൂടെ കാടുകളിലൂടെ വേനലിൽ ഉണങ്ങിയ ഒരു മരം അതിന്റെ കൊമ്പുകൾ ആകാശത്തിൽ ഉയർത്തി വിലപിക്കുന്നത് ഞാൻ കേട്ടു ഏത് പുസ്തകമാണ് നന്ദേട്ടം പൊയ്ക്കോ എനിക്ക് കുറെ നേരം തനിയെ ഒരിക്കൽ നന്ദേട്ടനല്ലേ പറഞ്ഞത് സ്വന്തം ഹൃദയത്തിനുള്ളിൽ തനിച്ചാകുന്നതിനെ കുറിച്ച് ഇല്ല ശരി ലോക പോലെ അതിക്രമിച്ചു കിടക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നമ്മളെ ഒളിപ്പിച്ചു വെക്കാൻ എവിടെയാണ് ഒരിടമുള്ളത് പൊട്ടിയ മൺപാത്രം നമ്മൾ എന്താ ചെയ്യുക പരിമുറത്തേക്ക് വലിച്ചെറിയും എത്ര നേരമായി ഒരു കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് താനവിടെ എന്തെടുക്കുക ഒരു സാധനവും കാണില്ല ഇപ്പൊ തന്നെ പഞ്ചസാര പാത്രം വെച്ചെടുത്ത് നോക്കുമ്പോ അതവിടെ ഇല്ല സന്ധ്യക്ക് പുറത്തിറങ്ങിയപ്പോ എന്താ അകത്താക്കിയെ ചുമലും മൂക്കുപൊടി വാങ്ങാൻ പോയ കൊടലുരുക്കിന്നും പറഞ്ഞ് ഒരു പച്ചമരുന്നുണ്ട് മറ്റു സസ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട കൂട്ടത്തില് അതും പോയി പക്ഷെ ആ പേരിൽ ഒരു ദ്രാവകം കിട്ടും ഈ മുക്കിലൊക്കെ അത് കൊടലുരുക്കും സാറ് പിന്നെ കേട്ട കൂട്ടുന്നേരെ പൂവഴ്ത്തി പറയാണെന്ന് വിചാരിക്കരുത് കാപ്പി സാമാന്യം ബോറായിട്ടുണ്ട് അതെ സാർ അങ്ങനെ പറയും എത്ര നന്നായാലും ആ എനിക്ക് മറ്റൊരു സംഗതി പറയാനുണ്ട് ഗൗരവമായിട്ട് എന്താ സാറ് വിശ്വസിക്കുമോന്നറിയില്ല കാര്യം എന്താന്ന് പറയാൻ കൂട്ടുന്നേരെ ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ലെന്ന് ആളുകൾ പറയുന്നു ഏ ചില അടയാളങ്ങൾ കണ്ടപ്പോ എന്തോ വീട്ടിനുള്ളിൽ ആരോ നടക്കുന്നതുപോലെ തോന്നും പതിഞ്ഞ കാലൊച്ച മുറ്റത്ത് മണലിൽ കണ്ട കാൽപ്പാടുകൾ ആരുടെയാണ് മുകളിലത്തെ നിലയിൽ ജനലുകൾ വലിച്ചടക്കുന്നത് ആരാണ് അത് കാറ്റ് അയ്യോ അല്ല സാറേ കാറ്റ് അല്ല നോക്കുമ്പോ കസേരയിൽ ഒരാൾ ഇരിക്കുന്നു കാണും പോലെയാ പേടിയായിട്ട് പറയുന്നതല്ല ഈ വീട്ടിൽ വേറെ ആരോ ഉണ്ട് താൻ ഇനി ഈ വീട്ടിലൊരു പ്രേതത്തെ കൂടി ഉണ്ടാക്കും ഏതാണ്ടൊരു നഴല് പോലെയാ കണ്ട കമ്പിളി കൊണ്ട് മൂടി പേടിയുണ്ടെങ്കിലേ കുട്ടനായ ജോലി രാജിവെച്ചുപോയ്ക്കും ഞാൻ ഇവിടെ ഒറ്റ കഴിഞ്ഞോളാം അയ്യാ അതുകൊള്ളാം സാറിനെ ഇവിടെ തനിച്ചാക്കി വെച്ച് ഞാൻ പോകാനാ എത്ര നാളായി ഈ വീട് അടച്ചിട്ടിരുന്നേ ആരെങ്കിലും വന്നോ വാടകയ്ക്കോ വിലക്കോ എടുക്കാൻ എന്റെ നേരെ കോപിക്കോ വെറുതെ ഒന്ന് കാണാൻ വന്നേനെ അയ്യോ ഞാനിവിടെ നിന്നോളാം ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണാല്ലോ അയ്യോ ഇല്ല എന്താ ഈ വരയ്ക്കുന്നേ നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എങ്കിലും എനിക്കിഷ്ടപ്പെട്ടു എനിക്കും അറിയില്ല ഇതിന്റെ അർത്ഥം എന്താണെന്ന് അങ്ങനെ ഉണ്ടാവില്ലേ ചിലതൊക്കെ ഒരർത്ഥവുമില്ലാതെ നിറങ്ങളുടെ വെളിപാട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ എന്റെ ഭ്രാന്തിന് ഇത്രയും നല്ലൊരു പേര് എനിക്കിപ്പോ ഒരു കടലി ചാടി ചാകാനുള്ള സന്തോഷമുണ്ട് ഇതെന്താ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നേ പൂർണത കിട്ടാഞ്ഞിട്ട് ചിലപ്പോ തോന്നും എല്ലാം എടുത്ത് തീയിടാൻ ഇത്രയും നല്ല ചിത്രങ്ങളോ എനിക്ക് തൃപ്തിയാവണ്ടേ പണ്ടൊക്കെ ബ്രഷ് തൊടുമ്പോ ിൽ രൂപം കൊള്ളുന്ന എന്റെ ഭ്രാന്തൻ മനസ്സെനിക്ക് കാണാമായിരുന്നു ഈ പെൺകുട്ടിയുടെ രൂപം മനോഹരമായിട്ടുണ്ട് എന്താ എന്നിട്ട് ഞാൻ ആത്മഹത്യ പോയ എന്റെ മകളാണ് അശ്വതി കുഞ്ഞിനെ ആദ്യം കണ്ടപ്പോ എന്റെ മോഹൻ്റെ നിറങ്ങി വരികയാണെന്ന് എനിക്ക് തോന്നിയത് എന്റെ മോളുടെ അതൊന്നും ഞാനിതുവരെ എന്റെ സങ്കടം ആരോടും പറഞ്ഞിട്ടില്ല ദൈവത്തിനോടല്ലാതെ ആ കോശവൻ എന്തിനാ എന്നെങ്ങനെ നെനഞ്ഞ് ചിറകു വെട്ടി എന്തിനാ എന്നെങ്ങനെ തീയിലെത്ത് അശ്വതി ആഹാ പ്രമീളയോ എന്താ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത് കേറിയിരിക്കേ എന്നുവെച്ചാൽ എനിക്ക് കുറച്ച് ധൃതിയുണ്ടേ ഞാൻ നമ്മുടെ അച്ചാമ്മക്കുര്യൻറെ വീട്ടിൽ പോയി മടങ്ങുന്ന വഴിയാണ് അപ്പോൾ തോന്നി തന്നെ ഒന്ന് കണ്ടു കളയാമെന്ന് അച്ചാമ കുര് എന്താ സ്റ്റേറ്റ്സിൽ വന്നത് കഴിഞ്ഞ സൺഡേ അവൾ സ്റ്റേറ്റ്സിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ കാണിക്കാൻ വിളിച്ചതാ എന്നിട്ട് ഓ എന്തോന്നു ഇന്നിപ്പോ ഫോർണിന്ന് കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞ ആർക്കാ അത്ഭുതം അമേരിക്കയിലും നമ്മുടെ ഏത് ടൗണിലും കിട്ടും ഞാൻ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്റെ അശ്വതി അച്ചാമ്മക്കുരി എന്നെ അവളുടെ അമ്മായി അമ്മ ഇങ്ങനെ സാധനം പൊങ്ങച്ചം പറയത് കേട്ടാ ചെന്നിക്കുത്തു വരും അവരുടെ മക്കളൊക്കെ ഫോറിനിലല്ലേ ആരുടെ മക്കളും പോയിട്ടില്ലേ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ബി മ്യൂസിക് സിസ്റ്റം ഇതൊക്കെ ആരും കണ്ടിട്ടില്ലെന്നാ വിചാരം നെയിൽ കപ്പർ വരെ ആ തള്ള എടുത്തുകൊണ്ടുവന്നു അവരുടെ സന്തോഷം പിന്നെ അവരെങ്ങനെ കാണിക്കും അച്ചാമ ഒരു മാല എട്ടോ ഒമ്പതോ പവനുണ്ടെന്നാ പറഞ്ഞെ പക്ഷെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല ഒരു കച്ചക്കറിന്റെ മാതിരി എന്റെ ആരും ഫോറിനിൽ പോയിട്ടില്ല പ്രമീളക്കറിയോ ഒരു മുട്ടു സൂചി കൊണ്ട് പോലും ആരുമില്ല എനിക്ക് എന്നെ ഭാഗ്യം കെട്ടിട്ട് ആരാ ഉള്ളത് അത് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല എന്തിന്റെ കുറവ് ആശ്വതിക്ക് ബിസിനസ് മാഗ്നെറ്റ് വിശ്വനാഥിന്റെ സഹധർമ്മിണിക്ക് വിശ്വേട്ടനായിരിക്കും ആ എന്നാ ഞാൻ പോട്ടെ ഒരു കാര്യം പറയാൻ മറന്നു ാന്ധി സ്മൃതിയിൽ വെച്ചുള്ള മീറ്റിംഗിന് അശ്വതി ഞാൻ വെറുതെ യാതൊരു കാരണവും ഞാൻ പറയാം ഇതിനൊക്കെ ഒരു ചരടി ജപിച്ചു നല്ലത് സൗകര്യപ്പെടുമെങ്കിൽ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നോട് നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നവും ഉണ്ടോ മാരി താളക്കേടുണ്ടോ എന്നൊക്കെ ഞാൻ എന്ത് നിനക്ക് മനസ്സിലായിട്ടില്ല സൈക്കാറ്റിസ്റ്റിനെ കാണാൻ പോകുമെന്നൊക്കെ വെച്ചാൽ യഥാർത്ഥത്തിൽ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എനിക്ക് നിങ്ങൾക്കൊരു അമ്മയുടെ സങ്കടം അറിയില്ല അവന്റെ ഒപ്പം പഠിക്കുന്ന മറ്റു കുട്ടികൾക്കും അമ്മമാരുണ്ട് അവരാരും ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടത് എന്റെ മോനെയാണ് ഇവിടെ വിഗ്രഹത്തിന് പകരം എന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ വായിച്ച കഥകളിലെയും കണ്ട സിനിമകളിലേയും കാമുകയാണ് എന്റെ മനസ്സിൽ അതൊക്കെയാണ് സ്നേഹമൊന്നും ജീവിതമെന്നും തെറ്റിദ്ധരിക്കുന്നതാണ് നിന്റെ കുഴപ്പം ഒന്നിച്ച് ജീവിക്കുമ്പോ അഭിനയിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ആരാ ഞാൻ നന്ദൻ എന്താ ഒരു അല്ലായിക രണ്ടുപേർക്കും ഏയ് ഒന്നുമില്ല അത് വെറുതെ നിങ്ങളെ കണ്ടാൽ എന്താ തോന്നുന്നതെന്ന് അറിയാമോ ഇതിലെ ഒരു കൊടുങ്കാറ്റ് കടന്നുപോയെന്ന് നിങ്ങളുടെയൊക്കെ ദോഷം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വന്നത് ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് അശ്വതി ഞാൻ ഇത്രയും ദൂരം വരുന്നത് ഒരു കാപ്പിക്ക് വേണ്ടിയാണെന്നാണോ നിങ്ങളുടെ വിചാരം ഞാൻ വന്ന സമയം തെറ്റിപ്പോയി പറയുന്നേ ഒന്നുമില്ലേ ഭംഗി വാക്കുകൾ പറഞ്ഞ് എനിക്ക് ശീലമില്ല ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും മുഖം വെറുപ്പിച്ചിരുന്നാൽ അതിന്റെ അർത്ഥം എന്താണ് എന്തിനാ ഒളിക്കുന്നേ ചെറിയ ഒരു സൗന്ദര്യം ഇപ്പോൾ മോനെ കാണണമെന്നും അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ എനിക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാ തന്നെ എന്താ ഇപ്പോൾ അതിന്റെ ആവശ്യം അമ്മയ്ക്ക് മകനെ കാണണമെന്ന് പറയുന്നതിന് വേറെ ഒരു കാരണവും വേണ്ട അതിൽ മകൻ മാത്രമാണോ അവിടെ ഉള്ളത് അതാ എന്റെ ചോദ്യം അവിടെ വേറെയും എത്രയോ കുട്ടികളുണ്ട് അവരുടെ അമ്മമാരൊക്കെ ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്നു എനിക്ക് പോയി എന്റെ മോനെ കാരണമെന്ന് പറഞ്ഞാൽ ഇവൾ കൊട്ടുന്ന താളത്തിന് എപ്പോഴും തുള്ളാനൊക്കെ എനിക്ക് ഇതൊരു കുടുംബവഴക്ക അതിൽ ഞാൻ ഇടപെടുന്നില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാലോ ഇവൾ കോളേജിൽ പഠിക്കേണ്ടത് ഫിലോസഫിക്ക് പകരം സൈക്കോളജി ആയിരുന്നു ഞാൻ പിന്നെ വരാം ദേ നീ വേണമെന്ന് പറഞ്ഞ പുസ്തകം ഒന്നേ കിട്ടിയുള്ളൂ ആ നോവൽ കവിത തീർന്നുപോയെന്ന് ഛേ എന്തു പണിയായത് പറഞ്ഞാൽ കേക്കില്ലേ നന്ദനും അതെങ്ങനെ പോകരുതെന്ന് പറയേണ്ട ആൾ മിണ്ടാതിന്നാലോ കൊടിമരം പോലെ ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് മതി വഴക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞും ഞാനൊരു എങ്ങോട്ട് കാതോർക്കുമ്പോഴും പിന്നെ ഒറ്റക്കിരിക്കുമ്പോഴാണ് ഞാനത് തിരിച്ചറിഞ്ഞ് ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ മാത്രം ഞാനത് കേൾക്കുന്നില്ല എന്നെ പോലെ മനസ്സിനെയും ശരീരത്തെയും കാവ്യുടിപ്പിച്ച ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഓ അത് പിന്നെ അങ്ങനെയല്ലേ എന്ന് പ്രപഞ്ചത്തിന്റെ ആത്മാവുമായി ഒരു കൂടിച്ചേരലുണ്ട് പ്രാർത്ഥനയിൽ ഇതല്ല സ്വാമിജി എനിക്കെന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെയാണ് എപ്പോഴും ചിലപ്പോൾ തോന്നും ഞാൻ ഏതോ ചുഴിയിൽ കറങ്ങി താഴുകയാണെന്ന് ചിലപ്പോൾ തോന്നും ഏതോ ഇരുട്ടിൽ എന്നെ കാണാതെ പോവുകയാണെന്ന് അപ്പോഴൊക്കെ എന്റെ കരച്ചിലാണ് പ്രാർത്ഥനയായി തീരുന്നത് അനുഭവങ്ങളുടെ മായകളിൽ നിന്ന് നമ്മൾ അതിന്റെ പൊരുൾ എങ്ങനെ കണ്ടുപിടിക്കും ആകെയുള്ള ശരണം ഞാൻ ഇന്നലെയും ഒരു ദുസ്വപ്നം കണ്ടു ഞാൻ വഴിതെറ്റി പോവുകയാണ് എന്നെ വേട്ടയാടുകയാണ് സ്വാമിജി ഞാൻ ഏതോ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു കറുത്ത കുപ്പായമിട്ട ഒരു കൂട്ടം വക്കീലന്മാർ എന്റെ നേരെ കുറ്റം വിധിക്കുന്നു സ്വാമിജി ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ആർക്ക് കഴിയും ഒരു മനസ്സിന്റെ വിഹുലതകളെ വ്യാഖ്യാനിക്കാൻ മറ്റൊരു മനസ്സിന് എങ്ങനെ കഴിയും നിന്റെ പാവം മനസ്സ് അതകപ്പെട്ടിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് അല്ലെങ്കിൽ വിഷാദത്തിൽ നിന്ന് അതിന്റെ ആദ്യ തേജസ്സിലേക്ക് മടങ്ങി ചെല്ലാൻ എന്റെ മനസ്സിന് തീ പിടിക്കുകയാണ് സ്വാമിജി ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ മനസ്സിനെ സ്വസ്ഥമാക്കി വയ്ക്കു ജീവിതത്തിൽ ഏത് നേരത്താണ് കൊടുങ്കാറ്റടിക്കുകയെന്ന് ആർക്കറിയാം കൊടുങ്കാറ്റായ കൊടുങ്കാറ്റൊക്കെ അടിക്കുന്നത് ഇപ്പോൾ എന്റെ മനസ്സിലാണ് എന്റെ കുഞ്ഞെ മനസ്സിന്മേലുള്ള പിടി കുറെ മുറുക്ക് അല്ലാതെ ഞാൻ എന്താ പറയണ്ടേ അതാണ് എന്റെ ശാപം സ്വാമിജി കടിഞ്ഞാണെത്ര മുറുക്കുന്നു നീ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ നിന്റെ മനസ്സിന്റെ ആകം അരുതെന്ന് വിചാരിച്ചത് തന്നെ വരുന്നു എനിക്ക് അശ്വതിയോട് നന്ദന മറക്കാൻ കഴിയുന്നില്ല അല്ലേ നിനക്ക് സങ്കടപ്പെടാതെ മനസ്സിന് പ്രാർത്ഥന കൊണ്ട് മൂടുക ശാപങ്ങളാണ് എ തലയിൽ വീഴുന്നത് അച്ഛന്റെ ഭർത്താവിന്റെ പോലും എനിക്ക് സമാധാനം കിട്ടില്ല ഞാൻ അത്രക്ക് അശ്വതി എന്തായി പറയുന്നേ ഒഴുകി ചെന്ന് കടലിൽ വീഴുന്നതിന് ഒരു നദി എന്തിന് ശവിക്കുന്നു പാപബോധം തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ നീ സ്വയം വിധിച്ച് ഒരു കാര്യവുമില്ലാതെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന പാപത്തിന് എന്താണ് ശിക്ഷ അരുത നിറഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ഒരാളിന് ഞാൻ മടങ്ങി വരരുതായിരുന്നു നിന്റെ അടുത്തേക്ക് ഈ നഗരത്തിലേക്ക് ഞാൻ വിചാരിച്ചത് എന്റെ മടങ്ങിവരവ് ഒരു വിജയമാണെന്നാണ് പക്ഷെ എന്റെ തോൽവിണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ഒരുത്തിയാണ് എല്ലാത്തിനും കാരണം ആരുടെയൊക്കെ മനസ്സിന് ഞാൻ മുറിവേൽപ്പിച്ചു ആരുടെയൊക്കെ ജീവിതം ഞാൻ വിഷമിക്കാതെ നമുക്ക് കുറെ നേരം പുഴവക്കത്ത് ചെന്ന അശ്വതിക്ക് ധൃതിയുണ്ടോ മടങ്ങി പോകാൻ ഇല്ലെന്ന് കേട്ടു നേരാണോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നില്ല അത്രയേ ഉള്ളൂ അതിന് അത്ഭുതങ്ങൾ കാണിക്കാനുള്ള മന്ത്രപടി എന്റെ കയ്യിലില്ല ഞാനൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് പോരെങ്കിൽ വേറൊരു കടലാസും കയ്യിലുണ്ട് എന്റെ രാജിക്കത്ത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൊക്കെ മറന്നുകളായി എന്നിട്ട് ഇവിടെ ഇരിക്കേ പുഴവക്കത്ത് മുമ്പൊരിക്കൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടൊരു വാക്ക് പറയാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ നന്ദേട്ടന് ആലോചിക്കാതെ എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞേ ഇൻഫിനിറ്റി എന്ന് അശ്വതി എന്താ ഇപ്പോൾ ഓർത്തത് വെറുതെ നന്നായിട്ട് എന്തോർത്താ ആ വാക്ക് പറഞ്ഞത് ഒന്നും ഓർക്കാതെ മനസ്സിൽ തോന്നിയത് അങ്ങനെ ഒരു വാക്ക് പറയാനല്ലേ അശ്വതി ആവശ്യപ്പെട്ടത് അതെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക് ഞാനും അത് ഓർക്കാൻ തുടങ്ങി ചിലപ്പോൾ ഞാൻ സ്വയം കളിയാക്കും എന്ത് ഭ്രാന്താണ് എനിക്ക് കാത്തിരുന്ന് മടുത്തു എവിടെ സർക്കിട്ട് ഒത്തിരി നേരമായോ വിശ്വ യാത്ര കഴിഞ്ഞു വന്ന ഞാൻ പിന്നെ ഭാര്യ കഴിഞ്ഞ് വെറുതെ ഒറ്റക്ക് ആശ്രമത്തിൽ ചെന്ന് കൊറേ നേരം നാമജപം കേട്ടിരിക്കുമ്പോ മനസ്സിനൊരു സമാധാനം കിട്ടും അല്ലെങ്കിൽ എന്ത് സമാധാന കേടാ നിനക്ക് എന്നാൽ പിന്നെ ആശ്രമത്തിൽ കൂടാൻ മേലായിരുന്നു നിനക്ക് സമാധാനത്തിന് നടക്കുന്നു ആശ്രമം കെട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് കള്ള സ്വാമിയോ ഇങ്ങനെയൊന്നും പറയരുത് അദ്ദേഹം ദിവ്യാത്മാവാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പോട്ടെ നിനക്കെങ്ങനെയാണ് വല്ല സഹിക്കാൻ മേലേ ഉണ്ടോ സ്വന്തം ഭാര്യയും മകളെയും ഉപേക്ഷിച്ച് കള്ളവേഷം കെട്ടി ഭാര്യയും മകളെയും കണ്ണീര് കുടിപ്പിച്ച് ഇയാളെങ്ങനെയാ മറ്റുള്ളവരുടെ കണ്ണീര് തുടയ്ക്കുന്നത് ശ്രീബുദ്ധനെ കുറിച്ചും ുഞ്ഞെ ആ പടംവരക്കാരൻ മരിച്ചു കുഞ്ഞിരാമൻ പറഞ്ഞു ആലിൻ ചോട്ടിക്കിടന്നു ആത്മഹത്യ എന്ന ആളുകൾ പറയുന്നേ ിൽ ഞാൻ പീഡിപ്പിക്കപ്പെടുന്നു ചാട്ടവാറുകൾ എന്റെ മേൽ വന്നു വീഴുന്നു അല്ലെങ്കിൽ എവിടെയോ ഉള്ള ഒരു കഴുമരത്തിന്റെ ചുവട്ടിലേക്ക് കറുത്ത കുപ്പായമിട്ട ഒരു രൂപം എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതൊക്കെ വെറും സ്വപ്നങ്ങളല്ലേ അശ്വതി എനിക്കങ്ങനെ തോന്നുന്നില്ല സ്വാമിജി ചിലപ്പോ ആകാശത്തുനിന്ന് കൂറ്റൻ കഴുകന്മാർ പറന്നതെന്നെ കൊത്തുന്നു ഞാൻ ചത്തുകിടക്കുകയാണ് കൊച്ചുകുട്ടികളാണ് സ്വപ്നങ്ങൾ ഇന്നലെ പകൽ ഞാനൊരു സ്വപ്നം കണ്ടു കത്തിയാളുന്നൊരു ചിതയിൽ ഞാൻ കിടക്കുന്നു കീറവസ്ത്രങ്ങളോടെ പൂക്കളില്ലാതെ അരികിൽ ആരുമില്ലാതെ ശരീരം കത്തുന്നു എല്ല മനസ്സിന് സമാധാനം തരണേ എന്ന് പ്രാർത്ഥിക്കുക അതുമാത്രമാണ് ശരണം എന്റെ സങ്കടങ്ങൾ ആരും കാണുന്നില്ല എന്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ല അവക്ക് നിന്റെ തോന്നലാണ് കുട്ടി ഒരു പാവം മനസ്സിന്റെ ചെറിയ സങ്കടം പോലും ഈശ്വരൻ കണക്ക് വെക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നില്ല സ്വാമിക്ക് അങ്ങനെയൊക്കെ പറയാം എന്റെ സങ്കടങ്ങൾ എന്റെ ഉള്ളു കത്തുന്നത് എനിക്ക് മാത്രമേ അറിയൂറിക്കത്തുന്ന മനസ്സിനെ തണുപ്പിക്കാനുള്ള ദിവ്യ ഔഷധം ഒന്നും എന്റെ കയ്യിലില്ല കുഞ്ഞി ഞാൻ പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി എനിക്ക് മരിച്ചാൽ മാവിനുമുണ്ട് അങ്ങനെ ഒരു സങ്കടം എവിടുന്നാണ് യാത്ര ആരംഭിച്ചത് ഈശ്വരന്റെ മനസ്സിൽ നിന്ന് തിരിച്ചവിടെ എത്തും വരെ ഈ അലച്ചിലും അതിന്റെ വ്യസനങ്ങളും അനുഭവിക്കാതെ നിവൃത്തിയില്ല ഇതൊക്കെ കേട്ട് കേട്ട് ഞാൻ അശ്വതി പിണങ്ങിയോ ഞാൻ പോട്ടെ പ്രാർത്ഥനക്ക് സമയമായി എനിക്കിപ്പോ പ്രാർത്ഥിക്കാനാവില്ല മനസ്സിൽ എങ്ങനെയാണ് പ്രാർത്ഥന സാർ നന്ദൻ സാർ ആരാ ഞാൻ പരമേശ്വരൻ നായര് എന്താ പരമേശ്വരൻ നായര് സാറിനോട് അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു വേഗം എന്താ അശ്വതി കുഞ്ഞിന് സുഖമില്ല വിശ്വനാഥ് സാറാ എന്നെ പറഞ്ഞു വിട്ടേ നന്ദൻ സാറിനെ വേഗം കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ത് അശ്വതിക്ക് എനിക്കറിയില്ല ഇരുന്ന് പിച്ചും പറയാണ് കണ്ണൊക്കെ ഇന്നലെ അങ്ങനെയൊന്നും ഉണ്ടായില്ല അശ്വതി വല്ല ദുസ്വപ്നവും ഇത് അതൊന്നും അല്ല സാറേ അതിനേക്കാൾ വലിയ എന്തോ കുഴപ്പമാ അത് കണ്ടാൽ എനിക്കാണെങ്കിൽ ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയാ കുട്ടനായരെ ഓ ഞാൻ അശ്വതിയുടെ അടുത്തേക്കൊന്നു പോവുക അവൾക്ക് എന്തോ സുഖമില്ലെന്ന് കുട്ടനായർ എന്റെ മുറി ഒന്ന് അടച്ചേര് മേശപ്പുറത്ത് ചില കടലാസുകൾ ഇരിപ്പുണ്ട് അതൊന്നെടുത്തു വെച്ചേരെ കാറ്റത്ത് പറന്ന് പോവാതെ ഓ ിറ്റി എന്നല്ലേ അന്ന് നന്ദേട്ടം പറഞ്ഞത് ഇഷ്ടപ്പെട്ട വാക്ക് അശ്വതിയുടെ അലർച്ച കേട്ട് ഞാൻ ഞെട്ടി മാണു നോക്കുമ്പോ കുന്നിലെ വലിയ കോട്ട ആകാശത്തോളം പൊക്കമുള്ളത് ഒരു പതിനായിരത്തെട്ട് പടികള് കോട്ടയ്ക്കകത്തേക്ക് അശ്വതി നീ എന്തായി പറയുന്നേ ഒരു കോട്ടയുമില്ല കാട്ടാളനും നിന്നെ ആരും ചങ്ങലക്കിട്ട് വലിക്കുന്നു വീട്ടിലല്ലേ നിന്റെ ഭർത്താവിന്റെ അടുത്ത് നോക്ക ഇതാരാ കാട്ടാളൻ എന്തായി പറയുന്നേ എന്ത് പറ്റി നിനക്ക് സ്വപ്നം കണ്ട് പേടിച്ചോ എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ൻ കൊത്തില്ലേ എന്റെ ഹൃദയത്തിന് ആ കഴുകനെ കൊന്ന് സ്വപ്നങ്ങൾ തിരിച്ചു തരൂ എനിക്ക് ഡോക്ടർ വിളിക്കുന്ന എനിക്ക് രോഗം ഞാൻ എന്നാ മരിച്ചത് നന്നായിട്ട് ഓർമ്മയുണ്ടോ അശ്വതി നമ്മൾ രണ്ടുപേരും നമ്മളിപ്പ എവിടെയാ ിറ്റിയിലെ അനന്തയിലെ ആകാശങ്ങൾക്കൊക്കെ അപ്പുറത്ത് അശ്വതി നീ എന്തൊക്കെയാണ് നീയും മരിച്ചിട്ടില്ല എന്റെ മകനും എന്ത് തമാശയാ നന്തേട്ടൻ പറയുന്നേ നമുക്ക് മകനുണ്ടായോ എന്റെ അച്ഛൻ കാണാതെ നമ്മൾ ഒളിച്ചുകൂടിയില്ലേ ചെയ്തത് അശ്വതി എന്ത് അസംബന്ധമാണ് നീ പറയുന്നത് രണ്ടുപേരും ആത്മാക്കളായിട്ട് ഇൻഫിനിറ്റിയില് പണ്ടൊരിക്കൽ നന്ദേട്ടം പറഞ്ഞില്ലേ മരണം മറ്റൊരു തീരമാണെന്ന് അനന്തയുടെ അങ്ങേക്കരയിൽ നമ്മൾ ആ പുഴ കടന്നല്ലേ പോകുന്നത് പേരെന്താന്ന് പറഞ്ഞേ അനാദിയുടെ പുഴ അത് കടന്ന് അനന്തയുടെ തീരങ്ങളിൽ നിന്ന് സംഗീതം ഓരോ രാഗങ്ങള് നമ്മൾ പറന്ന് പറന്ന് പോവുക ആകാശങ്ങളുടെ നീലിമ കടന്ന് നക്ഷത്രങ്ങൾക്കിടയിലൂടെ എന്നെ എന്നെ ചേർത്ത് പിടിക്കുന്നു എന്തേട്ടാറുക്കെ ിൽ നിന്ന് അനേകം വീണകളിൽ നിന്ന് അനേകം സിത്താറുകളിൽ നിന്ന് കല്യാണി അമൃത വർഷണി ദേവഗാന്ധാരന എന്നെ എന്നെ ചേർത്ത് പിടിക്കുന്നു എന്തേട്ടാ മുറുക്കെ കുറെ കൂടി മുറുക്കെ നാടകരചന പെരുമ്പടവും ശ്രീധരൻ കഥാപാത്രങ്ങളും അഭിനേതാക്കളും അശ്വതി ഭാഗ്യലക്ഷ്മി പ്രമീല കനകലത നന്ദൻ അനന്തപുരം രവി വിശ്വനാഥൻ പരമേശ്വരൻ കുര്യാത്തി സ്വാമിജി പി ഗംഗാധരൻ നായർ കുഞ്ഞിരാമൻ ചോറ്റാനിക്കര ബേബി പരമേശ്വരൻ നായർ എ ആർ ആനയറ കുട്ടൻ നായർ ആർ എൻ മുളരാമചന്ദ്രൻ ജോർജ് കുട്ടി തോമസ് ആലാപനം എൽ പ്രമീള സംഗീതം മുരളി സിതാര സാങ്കേതിക സഹായം കെ കെ വിശ്വനാഥൻ സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ